പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു പ്രബോധനം കൈക്കൊള്ളാത്ത വൃദ്ധനും മൂഢനുമായ ഒരു രാജാവിനേക്കാൾ ദരിദ്രനും ജ്ഞാനിയുമായ ഒരു ബാലൻ കൊള്ളാം പ്രബോധനം കൈക്കൊള്ളാത്ത വൃദ്ധനും മൂഢനുമായ ഒരു രാജാവിനേക്കാൾ ദരിദ്രനും ജ്ഞാനിയുമായ ഒരു ബാലൻ കൊള്ളാം അവിടെ പറയുന്നത് An old and foolish king who no longer knows how to receive instruction. That's what I'm saying. I have a lot of advice in my family. Then, I have a lot of advice in my family. I have a lot of advice in my family. I have a lot of advice in my family. I have a lot of advice in my family. പിന്നെ ആര് പറയുന്നതും കേൾക്കില്ല ഒരു തരം മൂശേട്ട പോലെ എന്ത് കാര്യത്തിനും അങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടൊന്നും പറഞ്ഞാൽ ചെവിക്കൊള്ളില്ല അവർ പറയുന്നത് തന്നെയാണ് ആർക്കും തിരുത്താൻ പറ്റില്ല ഞാൻ പറയുന്നതാണ് ശരി ഞാനാണ് ശരി എന്നുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് ചുറ്റിനുമൊക്കെ നോക്കുമ്പോൾ പലരെയും പ്രായമായി കഴിയുമ്പോൾ അങ്ങനെ ചിലപ്പോൾ കാണാറുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കുമായിരുന്നു കർത്താവ് നമ്മുടെ പ്രായം ആയിക്കൊഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴും അങ്ങേക്ക് തിരുത്താനായിട്ട് പറ്റുന്ന അങ്ങേക്ക് തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുവാൻ പറ്റുന്ന അങ്ങേക്ക് അങ് ഇത് ശരിയല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരന്മാർ ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ ആ പെട്ടെന്ന് അതെ അങ്ങനെയാണ് എനിക്ക് തെറ്റ് പറ്റി എന്ന് സമ്മതിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ അല്ലെങ്കിൽ ഞാൻ പിടിച്ച മോയിലിൻ്റെ രണ്ട് കൊമ്പ് എന്ന് പറഞ്ഞിരുന്നാൽ അങ്ങനെയുള്ള ഒരു വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ട് ഒരിക്കലും മാറരുതല്ലോ അപ്പോൾ ഇന്ന് ഇവിടെ ഈ വടിയിൽ ചേരുക എന്ന് പറയുമ്പോൾ ക്രിസ്ത്യജീവിതത്തിൻ്റെ ഒരുപക്ഷെ ആരംഭത്തിൽ എന്നാൽ തുടർന്ന് മുമ്പോട്ട് പോകുമ്പോഴും കർത്താവെ നീ വേണം നീ എനിക്ക് വെളിച്ചം തരണം നീ എനിക്ക് കാണിച്ചു തരണം ഈ രീതിയിലുള്ള ഒരു തുടർമാനമായി എനിക്ക് നമുക്ക് നമ്മെക്കുറിച്ച് ഒരു ബോധ്യം ലഭിക്കുന്ന വെളിച്ചം ലഭിക്കുന്ന നമുക്ക് നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു ബലഹീനത കുറേ കഴിയുമ്പോഴും ഒരു ബലം ഇല്ലാത്തൊരവസ്ഥ അപ്പോൾ അത് പലപ്പോഴും അതിന് എതിരായിട്ടുള്ള ട്രെൻഡ് കാണും എൻ്റെ ജീവിതത്തിലോ ഞാൻ കാണാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ട് കാണുമ്പോൾ അയ്യോ അത് വേണ്ട അത് ശരിയല്ല അങ്ങനെയല്ല കുറെ കഴിയുമ്പോഴും ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി എനിക്കിപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയാതെ മുമ്പോട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുക ഇപ്പം നമ്മൾ നേരത്തെ പത്രോസിനെക്കുറിച്ച് വായിച്ചപ്പോൾ നമ്മൾ നേരത്തെ ഒരിക്കൽ ഈ കാര്യം ഇവിടെ ചിന്തിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ വളരെ പെട്ടെന്ന് ആ കാര്യം കൂടെ ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ ലൂക്കോസ് അഞ്ചാം അധ്യായത്തിൽ അവിടെ നമ്മൾ പത്രോസിനെ അവിടെ വീണ്ടും കർത്താവ് വിളിച്ച് അതിനുശേഷം പതിനൊന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ പല കാര്യങ്ങൾ വായിക്കുന്നു പത്രോസിന് പാപബോധമുണ്ടായി അതൊക്കെ കഴിഞ്ഞ് പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് പിന്നെ അവർ പടകുകളെ കരക്കി സകലവും വിട്ട് അവനെ അനുഗമിച്ചു സകലവും വിട്ട് അവനെ അനുഗമിച്ചു യഥാർത്ഥത്തിൽ പത്രോസ് ആ സമയത്ത് ചിന്തിച്ചിരുന്നത് ഞാൻ സകലവും വിട്ട് കർത്താവിനെ അനുഗമിച്ചു എന്നാണ് എന്നാൽ പത്രോസിൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് നമ്മൾ പോകുമ്പോൾ നീ സകലവും വിട്ടിട്ടില്ല എന്ന് ദൈവം അവനെ കാണിച്ചു കൊടുക്കുന്ന പല സാഹചര്യങ്ങളിലൂടെ പത്രോസ് കടന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും എത്ര പെട്ടെന്നാണ് നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ വലിയ ചിന്തകൾ നമ്മളുണ്ടാവുന്നത് നമ്മൾ എത്ര വലിയ ആൾക്കാരായി പോകുന്നത് എനിക്ക് ഈയിടെ എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ ഞാനിങ്ങനെ കടന്നു പോയത് എനിക്കറിയാം അവിടെ വളരെ ഫ്രഷായിട്ട് ജോയിൻ ചെയ്ത ഒരു വ്യക്തി അവിടെ ജോയിൻ ചെയ്തു ആ ജോയിൻ ചെയ്ത് ആ വ്യക്തി ഞങ്ങളുടെ എച്ച് ആർ അവിടെ ആളുകളുടെ എണ്ണം വളരെ കുറവാണ് പെട്ടെന്ന് രണ്ട് പേരൊരാൾ മെറ്റേണിറ്റി ലീവിന് പോയി ഒരാൾ ഒരാക്സിഡൻറ്റ് പറ്റിപ്പോയി ഒരു എച്ച് ആറിൻ്റെ മാനേജർ മാത്രമാണ് അവിടെ ഉള്ളത് അപ്പോൾ ഈ പുതുതായിട്ട് വന്ന ആ വ്യക്തി വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് ആ വ്യക്തി വളരെ വളരെ സമർത്ഥനായ ഒരു വ്യക്തിയാണ് വളരെ കാര്യപ്രാപ്തിയുള്ള വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് അങ്ങനെ ചെയ്ത് പല കാര്യങ്ങളിൽ വിജയമുണ്ടായി മാനേജ്മെൻറ്റുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ട് അങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞ് ആ വ്യക്തിക്ക് കുറച്ച് അവധികൾ വേണം അവധി വേണം അപ്പോൾ ഉടനെ എച്ച് മാനേജർക്ക് ഒരു ഇമെയിൽ അയച്ചു എനിക്കെത്ര ലീവ് ബാലൻസ് ഉണ്ട് എന്ന് അറിയിക്കണം അപ്പോൾ വെറും പത്ത് ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ ഉടനെ ചെയർ മാനേജർ വേറെ ആളല്ല ചെയർ മാനേജർ അതിന് മറുപടിയൊന്നും അങ്ങനെ പെട്ടെന്ന് കൊടുത്തില്ല അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കോപ്പി പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ പിന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എല്ലാവർക്കും കോപ്പി വെച്ച് റിമൈൻഡർ എനിക്ക് എത്ര എൻ്റെ ലീവ് ബാലൻസ് ഉണ്ട് അപ്പോൾ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്താണ് ഇങ്ങനെ ഈ ചെറുപ്പക്കാരനായ വ്യക്തി ഇങ്ങനെ പെരുമാറുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്കൊരു ലീവ് ബുക്ക് ലീവ് രജിസ്റ്റർ കയ്യിലുണ്ടല്ലോ അപ്പോൾ ആ ലീവ് രജിസ്റ്റർ കയ്യിലുള്ളപ്പോൾ അതിൽ നോക്കിയാൽ പോരെ എന്തിനാണ് ഈ എല്ലാവരുടെ ലീവിൻ്റെയും എത്രയുണ്ട് ബാക്കി എന്ന് എച്ച് മാനേജർ എടുത്ത് തരുന്നത് ഒരു പ്രായോഗികമാണോ നിങ്ങൾക്ക് ലീവ് ബുക്ക് അപ്പോൾ ഉടനെ എന്തിനാണ് നിങ്ങളിങ്ങനെ പെട്ടെന്ന് അത് മുതിർന്ന അധികാരികളെയൊക്കെ അറിയിക്കുന്നത് അപ്പോൾ ഉടനെ ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ മറുപടി വന്നു ഞാൻ ചെയ്തതെല്ലാം ശരിയാണ് എൻ്റെ പ്രൊസീജിയർ ഞാൻ ചെയ്തതെല്ലാം അതിൻ്റെ പ്രൊസീജിയർ എനിക്ക് മറുപടി തന്നില്ല മറുപടി തന്നില്ലെങ്കിൽ അത് എസ്കലേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് ഞാൻ അത് എച്ച് മാനേജർ റിപ്പോർട്ട് ചെയ്യുന്നത് ചെയർപേഴ്സൺ അപ്പോൾ അതുകൊണ്ട് ചെയർപേഴ്സണ് ഞാൻ കോപ്പി വെച്ച് ഞാൻ അങ്ങനെ അയച്ചു ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണ് അത് സാറ് ചോദിച്ചത് ശരിയല്ല എന്നുള്ള രീതിയിൽ എനിക്കൊരു മറുപടി വന്നു അപ്പോൾ മറുപടി വന്നപ്പോൾ ഞാൻ വീണ്ടും അങ്ങനെയല്ലല്ലോ അത് അങ്ങനെയുണ്ടെങ്കിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കീഴിലല്ലേ ആദ്യം എന്നോടല്ലേ പറയേണ്ടത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എന്തെങ്കിലും ശരിയാക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കുമായിരുന്നല്ലോ അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഇത്രയും ചെറിയ ചെറിയ ചെറുപ്പമുള്ള ഒരു വ്യക്തിയാണല്ലോ പ്രൊഫേഷനിൽ ചെറുപ്പമുള്ള ഒരു വ്യക്തി അപ്പോൾ ഉടനെ അടുത്ത മേൽ അങ്ങനെ ഇത് പ്രായമോ അല്ലെങ്കിൽ എൻ്റെ ജെൻഡറോ ഒന്നും നോക്കി അങ്ങനെ ചോദിക്കാനായിട്ട് പാടില്ല അങ്ങനെ ഞാൻ ചെയ്തത് ശരിയാണ് അപ്പോൾ പിന്നെ ഞാൻ എന്താ മറുപടി ആക്കി അപ്പോൾ ഞാൻ അയച്ചു എനിക്കൊന്നും ഇനിയൊന്നും പറയാനില്ല ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ ആ കോൺവെർസേഷൻ അവസാനിപ്പിച്ചു അപ്പം ഞാൻ ഞാൻ പെട്ടെന്ന് ചിന്തിക്കുമായിരുന്നു എത്ര എത്ര പെട്ടെന്നാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മുടെ തലയ്ക്ക് പിടിക്കുന്നത് ഒരു കാര്യം നന്നായിട്ട് ചെയ്തു കാര്യം നന്നായിട്ട് പോയി പോയി കഴിഞ്ഞാൽ ഉടനെ അത് തലയ്ക്ക് പിടിച്ചു അല്ലെങ്കിൽ ആരോടെങ്കിലും മാനേജ്മെൻ്റിൻ്റെ ഒരു അപ്രിസിയേഷൻ കിട്ടിക്കാണും ഉടനെ അത് തലയ്ക്ക് പിടിച്ചു തലയ്ക്ക് പിടിച്ചു കഴിയുമ്പോൾ എത്ര ധാഷ്ട്യത്തോടെയാണ് നമ്മൾ സംസാരിക്കുന്നത് ആർക്കും തിരുത്തുവാനായിട്ട് പറ്റുന്നില്ല എന്നിട്ട് അവസാനം എഴുതിയിരിക്കുന്നു ഞാൻ ഈ ഈ ഞാൻ പറഞ്ഞു ഞാൻ ഒരു തിരുത്താനായിട്ട് നല്ല രീതിയിൽ തിരുത്തൽ എടുക്കുമെന്ന് വിചാരിച്ചാണല്ലോ എഴുതിയത് ഉടനെ പറഞ്ഞു ഞാൻ ഈ തിരുത്തൽ സ്വീകരിക്കുന്നില്ല എന്നത് പറഞ്ഞിട്ടാണ് ആ മെയിൽ ഈമെയിൽ അവസാനിപ്പിച്ചത് നമുക്ക് ഇവിടെ ഇത് ഈ നമ്മൾ ഞാൻ നേരത്തെ ഇപ്പോൾ പത്രോസിനെ കുറിച്ചാണല്ലോ വായിച്ചത് നമ്മൾ മത്തായി പതിനാറിലേക്ക് നോക്കുക മത്തായി പതിനാറിൽ ഇതുപോലെ പത്രോസിന് പത്രോസ് ഒരു വളരെ വെളിപ്പാടുണ്ടായി നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണ് എന്ന് ഷീമോൻ പത്രോസാണ് പറഞ്ഞത് അപ്പോൾ യേശു അവനോട് ബറിയോനാ ശിമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സർഗസ്വനായ എൻ്റെ പിതാവത്രയെ നിനക്ക് വെളിപ്പെടുത്തിയത് തൻ എനിക്കാണ് വെളിപ്പാടുണ്ടായത് തൻ്റെ വെളിപ്പാട് ഉടനെ പെട്ടെന്ന് തൻ്റെ തലയ്ക്ക് പെട്ടെന്ന് തന്നെ അവൻ പറയുന്നു അവൻ കർത്താവ് പറഞ്ഞു ഞാൻ പാതാള ഗോപുരങ്ങൾ ഈ പാറമേൽ ഞാനെൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് പത്രോസിൻ്റെ വെളിപ്പാടിനെ ഒക്കെ അഭിനന്ദിച്ച് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കാണുന്നത് അവിടെ പത്രോസ് ഇരുപത്തിരണ്ടാം വാക്യം അവനെ വേറിട്ട് കൊണ്ടുപോയി പത്രോസിന് പെട്ടെന്ന് താനൊരു വലിയ ആളായി വലിയ ആളായി ഇതാ യേശുവിനെ കൊണ്ടുപോയി ശാസിക്കുന്നു യേശുവിനെ കൊണ്ടുപോയി തിരുത്തുന്നു ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വാക്യങ്ങൾ ഇരുപത്തിരണ്ടും വാക്യത്തിൽ യേശുവിനെ അങ്ങനെ ഭവിക്കരുതേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പോൾ ഉടനെ വീണ്ടും കർത്താവിന് അവനെ ശക്തമായ ഭാഷയിൽ തിരുത്തേണ്ടി വന്നു നീ ദൈവത്തിൻ്റേതല്ല സാത്താനെ എന്നെ വിട്ടുപോകും നീ എനിക്കിടർച്ചയാകുന്നു നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു എന്നിട്ടാണ് ഒരുവിനെൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് ക്രൂശെടുത്ത് അനുഗമിക്കണം നിൻ്റെ ഈ സ്വന്തം ഇഷ്ടത്തെ നീ ത്യജിക്കാതെ നിൻ്റെ സ്വന്തം വഴിയെ നീ ത്യജിക്കാതെ നിനക്ക് മുമ്പോട്ട് പോകാൻ കഴി കഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ നമ്മൾ അവനെക്കുറിച്ച് വായിക്കുന്നു വീണ്ടും നമ്മൾ മത്തായി പത്തൊമ്പതാം അധ്യായത്തിലേക്ക് നോക്കുക പത്തൊമ്പതാം അദ്ധ്യായത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ അവിടെ പത്രോസ് പറയുന്നു ഇരുപത്തിയേഴാം വാക്യം പത്രോസ് അവനോട് നേരത്തെ പറഞ്ഞിരുന്നു സകലവും വിട്ട് നിന്നെ അനുഗമിക്കുന്നു ഇവിടെ പറയുന്നു പത്രോസ് അവനോട് ഇരുപത്തിയേഴാം വാക്യം ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ ഞങ്ങൾക്ക് എന്ത് കിട്ടും അപ്പോൾ സകലവും വിട്ടു ആണ് തുടങ്ങിയത് പക്ഷേ ഇപ്പം വിടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പോൾ വിടാത്ത എൻ്റെ സ്വയം എൻ്റെ സ്വയത്തിൻ്റെ ഇഷ്ടം എൻ്റെ വഴി എൻ്റെ താല്പര്യങ്ങൾ എനിക്കെന്ത് കിട്ടും എൻ്റെ സ്ഥാനം എൻ്റെ മാനം എൻ്റെ പേര് ഇതിനെയൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല മറ്റ് പല കാര്യങ്ങളാണ് വിട്ടത് എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ നീ യഥാർത്ഥത്തിൽ നീ വിട്ടിട്ടില്ല എന്ന് പത്രോസിനെ ദൈവത്തിന് കാണിച്ച് കൊടുക്കണമായിരുന്നു അതിനെ തുടർന്ന് അവൻ പല പരാജയങ്ങളിലൂടെ കടന്നു പോകുന്നതും നമുക്ക് യോഗനായൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാമധ്യായത്തിൽ യോ പത്രോസ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അവിടെയാണ് പത്രോസ് തൻ്റെ കരങ്ങളെ ഉയർത്തി ഞാൻ ഇതുവരെ ഞാൻ ചെറുപ്പക്കാരനായിരുന്നപ്പോൾ ഞാൻ ഞാൻ തന്നെ അരക്കി കെട്ടി എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ മുമ്പോട്ട് പോയി ഇതാ കർത്താവെ ഞാൻ കരങ്ങളെ ഉയർത്തുന്നു ഞാൻ നിസ്സഹായതയോടെ എനിക്ക് കഴിയില്ല കർത്താവ് എന്നെക്കൊണ്ട് പറ്റില്ല നീ എന്നെ മുമ്പോട്ട് നടത്തണമേ എന്ന് പറഞ്ഞ് പത്രോസ് അവിടെ സമർപ്പിക്കുന്നതും അതിനെ തുടർന്ന് പത്ത് ദിവസൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമൊക്കെ നമുക്ക് വായിക്കുന്നു നമുക്കും പ്രിയ സൗരന്മാർ നമ്മൾ ഒരിക്കലും നമ്മൾ ഞാൻ അന്ന് സമർപ്പിച്ചതാണ് അന്ന് എനിക്ക് വ്യത്യാസം ഉണ്ടായി ഇനിയിപ്പോൾ ഇപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് പിന്നെ വെളിച്ചം കിട്ടുന്നില്ല എൻ്റെ സമർപ്പണത്തിൻ്റെ ആഴത്തിൻ്റെ കുറവ് എനിക്ക് കാണാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ കുറേ കഴിയുമ്പോൾ ഞാൻ വീണ്ടും കഠിന കഠിനനായി ഞാനീ പ്രായമുള്ള ഓൾഡൻ ഫൂളിഷ് കിങ്ങിനെ പോലെ എന്നെക്കുറിച്ച് വെളിച്ചമില്ലാതെ ഞാൻ ഒരു വ്യക്തിയായിട്ട് മുമ്പോട്ട് പോകുവാൻ സാധ്യതയുണ്ട് നമുക്കിന്ന് ഇവിടെ കൂടിയിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും നമ്മൾ ഈ കേട്ട സത്യങ്ങൾ ആ രീതിയിൽ നമ്മുടെ ഹൃദയത്തിൽ വ്യക്തിപരമായിട്ട് വളരെ പെട്ടെന്ന് തിരുത്താൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ദൈവം ഓർപ്പിച്ചാൽ കർത്താവെ അത് എൻ്റെ ജീവിതത്തിലെ കുറവാണെന്ന് സമ്മതിക്കുന്ന അപ്രകാരമുള്ള ഒരു ജീവിതം ദൈവം എനിക്കും നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകട്ടെ ആ